കാൽപനിക യുഗത്തിലെ ആധുനിക കവി ശ്രീ ജയിജോ രചിച്ച പുതിയ കവിതാസമാഹാരം അറിയാതെയും അറിഞ്ഞും മനുഷ്യനും ലഭിക്കുന്ന ഒരു അപരനാമം ഒരുപക്ഷെ മനസാക്ഷി നൽകിയ ഓമന പേര് കള്ളൻ അച്ഛനെ പോലൊരു കള്ളനാണെന്നെ യാദ്യം വിളിച്ചതെന്ന അച്ഛനെ പോലൊരു കള്ളനാണെന്നെ ആദ്യം വിളിച്ചതെന്നിഞ്ഞപ്പാലു കുടിക്കുന്ന കുഞ്ഞിനെ അമ്മ വിളിക്കുന്നു കള്ളൻ അമ്മിഞ്ഞപ്പാലു കുടിക്കുന്ന കുഞ്ഞിനെ അമ്മ വിളിക്കുന്നു കള്ളൻ കൊച്ചു കുറുമ്പുകൾ കാട്ടുമ്പോഴെന്നുടേത്തൻ വിളിക്കുന്നു കള്ളൻ കൊച്ചു കുറുമ്പുകൾ കാട്ടുമ്പോഴെന്നുടേ വിളിക്കുന്നു കള്ളൻ അച്ഛനോടം പറഞ്ഞു കള്ളൻ അച്ഛനോടം മിനി ടീച്ചർ പറഞ്ഞു പഠിക്കാൻ മിടുക്കനി കള്ളൻ കാമിനിമാരെ കമന്റടിച്ചിടുമ്പോൾ നാണമില്ലല്ലോ കള്ള കാമിനിമാരെ കമന്റിച്ചിടുമ്പോൾ കള്ള കക്കാതെ കവരാതെ കള്ളം പറയാതെ കള്ളനായി പണ്ടേ പിറന്നു കക്കാതെ കവരാതെ കള്ളം പറയാതെ കള്ളനായി പണ്ടേ പിറന്നു കോളറ കാറുന്നു തിന്നുന്ന ഗ്രാമത്തിൽ പറന്നു ഞാൻ പോകെ കോളറ കാറുന്നു ഗ്രാമത്തിൽ മീതേ പറന്നു ഞാൻ പോകെ കാറ്റിന്റെ ശോഭവും കടലിന്റെ കെടുതിയും കാറിൽ ഇരുന്നു ഞാൻ കണ്ടു കാറ്റിന്റെ കെടുതിയും കടലിന്റെ ശോഭവും കാറിൽ ഇരുന്നു ഞാൻ കണ്ടു നന്ദി